മദീനയിലുള്ളവർക്കും അവർക്കു ചുറ്റുമുള്ള ഗ്രാമീണർക്കും അള്ളാഹു സുബഹാനഹുവച്ചഹാലയുടെ ദൂതനിൽ നിന്ന് പിന്നോട്ടു പോകുകയോ അദ്ദേഹത്തിന്റെ ജീവനേക്കാൾ സ്വന്തം ജീവന് മുൻഗണന നൽകുകയോ ചെയ്യാൻ അനുവാദമില്ല അള്ളാഹു സുബഹാനഹുവച്ചയാളയുടെ മാർഗ്ഗത്തിൽ അവർ അനുഭവിക്കുന്ന ദാഹമോ ക്ഷീണമോ വിശപ്പോ സത്യനിഷേധികളെ പ്രകോപിപ്പിക്കുന്ന ഏതൊരു ചുവടുവപ്പോ ശത്രുവിൽ നിന്ന് അവർ നേടുന്ന ഏതൊരു വിജയമോ പോലും അവർക്കൊരു സൽക്കർമ്മമായി രേഖപ്പെടുത്തപ്പെടുന്നുവെന്നതുകൊണ്ടാണത് തീർച്ചയായും സൽക്കർമ്മം ചെയ്യുന്നവരുടെ പ്രതിഫലം അള്ളാഹു സുബഹാനഹുവളെ നഷ്ടപ്പെടുത്തുകയില്ല